നമുക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ വീണ്ടും ബൈബിൾ സ്റ്റഡിക്കായിട്ട് കൂടി വരുവാൻ ദൈവയുടെ ആക്കിയല്ലോ പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെതായ വിധത്തിൽ ചെയ്യുന്നതിനെ കുറിച്ചാണ് ചിന്തിച്ചു വരുന്നത് കഴിഞ്ഞയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ നമ്മൾ നമ്മളേക്കാൾ ഇളയ ആളുകളോട് നിങ്ങൾ എന്നെ അനുഗമിക്കണം എന്ന് പറയാൻ ധൈര്യമുള്ളവരായിരിക്കണം അതിന് നമ്മളെ സഹായിക്കുന്ന ഏഴ് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത് നമ്മളെ അനുകരിക്കുക നമ്മളെ പിൻപറ്റുക എന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു അഹങ്കാരത്തിൻ്റെ വാക്കുപോലെ നമുക്ക് തോന്നും എന്നാൽ അതെന്താണ് നമ്മൾ കർത്താവിനെ പിൻപറ്റുന്ന അളവിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക ഫോളോ മീ ആസ് ഐ ഫോളോ ക്രൈസ്റ്റ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് പൗലോസ് ആ നിലയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഒന്ന് കോരിഞ്ചർ പതിനൊന്നിൻ്റെ ഒന്നിൽ പ്രിയമുള്ളവരെ നിങ്ങൾ എന്നെ അനുകരിപ്പി എന്ന് പൗലോസ പറയുന്നു ഫിലിപ്പിയർ കെഴുതിയ ലേഖനം മൂന്നാമധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ എന്നെ അനുകരിക്കുക ഞാൻ കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും അങ്ങനെ അനുഗമിക്കാനായിട്ട് പറയുമ്പോൾ ഒന്നാമതേ പൗലോസും അല്ലെങ്കിൽ പൗലോസ കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരും കർത്താവിനെ പിൻപറ്റുന്നു അവരുടെ മാതൃകയെ നിങ്ങൾ പിൻപറ്റിയാൽ അത് നല്ലതാണ് എന്നാണ് അവിടെ പൗലോസ പറയുന്നത് നമുക്കും നമ്മൾ പറഞ്ഞു നമുക്ക് നമ്മളെക്കാൾ താണ ആളുകളോട് താണമെന്ന് വെച്ചാൽ നമ്മളെക്കാൾ ഇളയ ആളുകളോട് ഒരു കുടുംബത്തിൽ ഭർത്താവ് ഭാര്യയോട് പറയാനിടയാകണം മാതാപിതാക്കളെ കുഞ്ഞുങ്ങളോട് പറയാനിടയാകണം സഭയിൽ മുതിർന്ന സഹോവന്മാർ ഇളയ സഹോവന്മാരോട് പറയാനിടയാകണം സൺഡേ സ്കൂൾ അധ്യാപകരെ കുഞ്ഞുങ്ങളോട് പറയാനിടയാകണം എന്താ പറയണ്ടത് നിങ്ങളെല്ലാവരും എന്നെ നിങ്ങൾ എന്നെ അനുകരിക്കുക കാരണം ഞാൻ കർത്താവിനെ അനുകരിക്കുന്നവനാണ് അതൊരു അഹങ്കാരത്തിൻ്റെ വാക്കല്ല മറിച്ച് ധൈര്യത്തോടെ കർത്താവിലാശ്രയിച്ച് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് അതിന് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ധൈര്യത്തോടെ പറയണമെങ്കിൽ ഏഴ് കാര്യങ്ങൾ ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു അതിലൊന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് നമുക്ക് താഴ്മയും മറ്റുള്ളവർക്ക് നമ്മൾ ഏത് സമീപിക്കാവുന്ന ഒരു തുറവിയും ഉള്ളവരായിരിക്കണം എന്നാണ് ഒന്നാമതായിട്ട് ഏഴ് കാര്യങ്ങൾ ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് ഇന്ന് നമുക്ക് ആ അതിലെ ആദ്യ കാര്യം ഈ താഴ്മ എന്നതിനെ കുറച്ചുകൂടെ വിശദമായിട്ട് നമുക്ക് നോക്കാം ഫിലിപ്പീർക്കെഴുതിയ ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ അഞ്ച് അഞ്ച് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായി യേശു ക്രിസ്തുവിലുള്ള പാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിലുള്ള തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നത് അതിനു ശേഷം അതിൻ്റെ ആറ് മുതലുള്ള വാക്യങ്ങളിൽ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ താഴ്മയെക്കുറിച്ചാണ് പറയുന്നത് അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യസ്വാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീറും കണ്ടോ കർത്താവായി യേശു മാനവരാശിയെ തേടി താഴേക്ക് താഴേക്ക് താഴേക്ക് വന്നു അങ്ങനെ വന്നു താൻ തന്നെ തന്നെ താഴ്ത്തിയത് മൂന്ന് പടികൾ നമ്മളിവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും ഒന്നാമത് ദാസരൂപം എടുത്തു പിന്നീട് അവിടെ അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ തന്നെത്താൻ ഒഴിച്ചു പിന്നീട് കാണുന്നു തന്നെത്താൻ താഴ്ത്തി അങ്ങനെ മൂന്ന് വട്ടം തന്നെത്താൻ താഴ്ത്തി തന്നെത്താൻ ഒഴിച്ചു എന്നുള്ള പ്രയോഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ തേടി താണഭൂമിയിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ തന്നെ കർത്താവ് താഴ്മയുടെ മൂന്ന് പടികളെ പിന്നിട്ട് ഈ ലോകത്തിൽ വന്ന് മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിത്തീർന്നു എന്ന് പറയുമ്പോൾ അത് മറ്റൊരു കാര്യത്തിന് അതിന് പ്രതിവിധിയായിട്ടാണ് മറ്റൊരു കാര്യമെന്താ നമ്മൾ ഈ പാപത്തിന് പ്രതിവിധിയായിട്ടാണ് കർത്താവ് താഴ്മയിൽ മൂന്ന് പടികൾ ഇറങ്ങി വന്നത് നമുക്ക് അറിയാം ലൂസിഫറെന്ന് പറയുന്ന ദൈവത്തിൻ്റെ ദൂതൻ അവൻ ദൈവത്തിനെതിരെ മത്സരിച്ചപ്പോഴാണ് എന്താ സംഭവിച്ചത് പാപമുണ്ടായത് ആദമോഹവയും പഴം തിന്നപ്പോഴല്ല പാപം ഉണ്ടായത് അതിനുമുമ്പ് ലൂസിഫറ് ദൈവത്തോട് മത്സരിച്ചപ്പോഴാണ് പാപം ഉണ്ടായത് ആ ലൂസിഫറിൻ്റെ മത്സരത്തെക്കുറിച്ച് എഷെയാവ് പതിനാലിലും അതുപോലെ തന്നെ എസ് കെയിൽ ഇരുപത്തെട്ടിലും നമ്മൾ വിശദമായിട്ട് വായിക്കുന്നുണ്ട് അവിടെ യശയാവ് പതിനാല് വായിക്കുമ്പോൾ അതിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് അവിടെ ലൂസിഫറ് അവിടെ അവനെ അരുണോദയ പുത്രനായ ശുക്രൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ലാറ്റിൻ പ്രയോഗമാണ് ലൂസിഫർ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ അവന് വളരെ സുന്ദരനായിരുന്നു വളരെ തേജസ് ഉള്ളവനായിരുന്നു അരുണോദയ പുത്രനായ ശുക്രൻ എന്ന ആ പ്രയോഗത്തിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാമല്ലോ അങ്ങനെ സുന്ദരനും ജ്ഞാനിയുമായ ആ ലൂസിഫർ അവൻ പാപത്തിൽ ഈ ലോകത്തിലേക്ക് വരാൻ പാപം കൊണ്ടുവരാൻ ഇടയായത് എന്തുകൊണ്ടാണ് അവൻ്റെ നികളം കൊണ്ടാണ് അവിടെ അവൻ്റെ നികളത്തിൻ്റെ മൂന്ന് പടി നമ്മൾ കാണുന്നുണ്ട് പതിമൂന്നും പതിനാലും വാക്യങ്ങൾ ഞാൻ കയറും ഞാൻ മീതെ വയ്ക്കും അതിൻ്റെ പതിനാലില് ഞാൻ മീതെ കയറും കണ്ടോ അവിടെയപ്പോൾ അവൻ്റെ നികളം ഞാൻ ദൈവത്തേക്കാൾ സ്വർഗത്തിൽ കയറും ഞാൻ നക്ഷത്രങ്ങൾക്ക് മീതേ വയ്ക്കും ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതേ കയറും ഞാൻ മുകളിലേക്ക് മുകളിലേക്ക് മുകളിലേക്ക് പോകും എന്നുള്ളതാണ് നികളം ആ നികിളമാണ് ഈ ലോകത്തിലെ പാപം കൊണ്ടുവന്നത് ഈ പ്രപഞ്ചത്തിലെ പാപം കൊണ്ടുവന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ആ പാപത്തിന് പരിഹാരം ആയിട്ട് കർത്താവായ യേശു ക്രിസ്തു വന്നപ്പോൾ അവിടെ നിന്തു ചെയ്തു ഈ നികളം മുകളിലേക്ക് മുകളിലേക്ക് ഞാൻ കയറും കയറും കയറുമെന്നാണെങ്കിൽ ഇവിടെ ഇതാ ആ നികള കൊണ്ടുവന്ന പാപത്തിന് പരിഹാരം ചെയ്യാനായിട്ട് കർത്താവ് വന്നപ്പോൾ ഞാൻ താഴും താഴും താഴും എന്ന് പറഞ്ഞ് താഴ്മയിലേക്ക് വന്നു അങ്ങനെയാണ് കർത്താവ് തന്നെ താഴ്ത്തി വന്നു അതുമൂലമാണ് നമുക്ക് രക്ഷ ലഭിച്ചത് പ്രിയപ്പെട്ടവരെ അപ്പോൾ കർത്താവിൻ്റെ ആ ജീവിതത്തിലെ വളരെ പ്രാഥമികമായ ഒരു കർത്താവിൻ്റെ ആ ഗുണമെന്ന് പറയുന്നത് എന്താ അവിടുത്തെ താഴ്മയാണ് അതുകൊണ്ട് നമ്മളും ദൈവസഭയിലായിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും താഴ്മയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം ഇന്നത്തെ ലോകം ഇന്നത്തെ ലോകം പിശാജ് ക്രമീകരിച്ചിരിക്കുന്നത് നികളത്തിലൂടെ മുകളിലേക്ക് മുകളിലേക്ക് കയറി നേട്ടങ്ങൾ കൊയ്യുന്ന രീതിയിലാണ് പിശാജ് ഇന്ന് ഈ ലോക സംവിധാനത്തെ ക്രമീകരിച്ചിരിക്കുന്നത് അതിന് നേരെ എതിരായ ഒരു മനോഭാവമാണ് കർത്താവ് കൊണ്ടുവന്നത് ഈ കർത്താവിനെ പിന്തുടരുവാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മൾ കർത്താവായ യേശു തന്നെ ഈ കാര്യം ശിഷ്യന്മാരോട് പറയുന്ന ഒരു ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തഞ്ച് വാക്യങ്ങളിൽ നമുക്ക് കാണാമല്ലോ ആ ഭാഗം നമ്മൾ സാവധാനം വായിക്കുമ്പോൾ നമുക്കറിയാം യാക്കോബും യോഹന്നാനേയും കുറിച്ച് മറ്റ് ശിഷ്യന്മാരെ നീരസപ്പെട്ടു തുടങ്ങി അങ്ങനെയൊക്കെ വന്നവരുടെ ഇടയിൽ ഒരു മത്സരം വന്നപ്പോൾ യേശു ശിഷ്യന്മാരെ എല്ലാം അടുക്കൽ വിളിച്ചു പറഞ്ഞു എന്താ ജാതികളിൽ അധിപതികളായവർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു അവരിൽ മഹത്തുക്കളായവർ അവരുടെ മേലെ അധികാരം നടത്തുന്നു എന്ന് നിങ്ങൾ അറിയുന്നു എന്നിട്ട് പറയുന്നു നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത് നിങ്ങളിൽ മഹാനാകുവാനിച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം നിങ്ങളിൽ ഒന്നാമനാകുവാനും ഇച്ഛിക്കുന്നവനെല്ലാവർക്കും ദാസനാകണം മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറവിലയായി കൊടുപ്പാനും അത്രേ വന്നത് അപ്പോൾ കർത്താവായി യേശു വന്ന ആ വഴി കണ്ടതിന് ശേഷം മനുഷ്യപുത്രൻ എങ്ങനെയാ ശുശ്രൂഷിപ്പാനും ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി ജീവനെ മറവിലയായി കൊടുപ്പാനും താണു എന്നുള്ളത് കണ്ടിട്ട് നിങ്ങളും എന്തായിരിക്കണം നിങ്ങളും ശുശ്രൂഷക്കാരാകണം ദാസരാകണം ശുശ്രൂഷക്കാര് എന്ന നാൽപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് ഡീക്കൺ എന്നാണ് അവിടെ ബോണ്ട് സെർവൻറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം ഡിക്കൺ എന്ന മൂലഭാഷയിൽ പറയുന്നതിന് കെട്ടപ്പെട്ട വേലക്കാരൻ എന്ന് പറയും പക്ഷെ അടുത്തത് അതിൻ്റെ നാൽപ്പത്തി എല്ലാവർക്കും ദാസനാകണമെന്ന് പറയുന്നിടത്ത് ഉപയോഗിച്ചേക്കുന്ന വാക്ക് ഡീക്കൻ എന്നല്ല ഡൂലോസ് എന്നാണ് കേട്ടിട്ടുള്ളത് അതിൻ്റെ അർത്ഥം എന്താ ബോണ്ട് സ്ലേവെന്നാണ് അപ്പം ഡീക്കൻ ബോണ്ട് സെർവൻ്റ് ആണെങ്കിൽ ഡൂലോസ് ബോണ്ട് സ്ലേവാണ് അപ്പം കണ്ടോ ഡീക്കനേക്കാൾ ഒരു പടിയുടെ താഴോട്ടാണ് വരുന്നത് താണുതാണാണ് വരുന്നത് നിങ്ങൾ ശുശ്രൂഷക്കാരാകണം ദാസരാകണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യം സഭയോടുള്ള ബന്ധത്തിൽ അവിടെ ശിഷ്യന്മാരുടെ പന്ത്രണ്ട് പേരടങ്ങുന്ന ഒരു ചെറിയ സഭയായിരുന്നു ആ സഭയോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയുന്നു നിങ്ങൾ താണു ഈ മനോഭാവം പൗലോസ് തൻ്റെ ജീവിതത്തിൽ കൈക്കൊണ്ടിരുന്നു രണ്ട് കോരിന്ത്യർ നാലാമത്തെയായോ അഞ്ചാമത്തെയോ വാക്യത്തിൽ കുരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നു ക്രിസ്തുവേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത് നിങ്ങളുടെ ദാസന്മാർ ഡൂലോസ് ഏ പൗലോസ് പറയുക ഞാൻ നിങ്ങളുടെ ദാസന്മാർ ഒന്ന് കോരിന്തിയർ ഒമ്പതിൻ്റെ പത്തൊൻപതിലോ ഇങ്ങനെ ഞാൻ കേവലം സ്വാതന്ത്ര്യനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി രണ്ട് കോരിന്തിയാർ നാലിൻ്റെ അഞ്ചിൽ പൗലോസവ നിങ്ങളുടെ ദാസൻ കൊരിന്തലുള്ളവരുടെ ദാസൻ എന്നാണ് പറയുന്നത് എന്നാൽ ഒന്ന് കോരിന്തിയാർ ഒൻപതിൻ്റെ പത്തൊൻപതിൽ പറയുന്നത് എല്ലാവരുടെയും ദാസനെന്നാണ് പറയുന്നത് കണ്ടോപ്പകർത്താവായി യേശു ക്രിസ്തു മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും വേണ്ടി തൻ്റെ ജീവനെ മറുവിലിയായി കൊടുപ്പാനും വന്നു എന്നുള്ള ആ മാതൃക പിൻപറ്റി സഭയിൽ ഇതാ പൗലോസ് പറയുന്നു ഞാൻ ദാസനാണ് നിങ്ങളുടെ ദാസനാണ് എല്ലാവരുടെയും ദാസനാണ് കർത്താവ് നമ്മളോട് ഈ താഴ്മയുടെ ആ പടികളിൽ കർത്താവിനെ പിൻപറ്റാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു നമുക്കിതിനെ ഗൗരവമായിട്ട് എടുക്കാം കർത്താവിൻ്റെ സഭ സന്തോഷമായിട്ട് ഐക്യതയോടെ മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാവരും താഴ്മയിലായിരിക്കണം എന്ന് നമ്മളെ കണ്ടു കർത്താവായ യേശു മർക്കോസിൻ്റെ സുശേഷം പത്താമധ്യായം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തഞ്ച് വാക്യത്തിൽ തൻ്റെ പന്ത്രണ്ട് പേരുള്ള കൊച്ചു സഭയെ വിളിച്ച് ആ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ പൗലോസ് പറയുന്നു ഞാൻ നിങ്ങളുടെ ദാസന്മാരാണ് എല്ലാവരുടെയും ദാസന്മാരാണ് എന്ന് പറയുന്നു ഈ സഭയുടെ ഒരു ആദിമരൂപമാണല്ലോ ഇസ്രായേൽ എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ആ പഴയ നിയമത്തിൽ ഇസ്രായേലിനെ നയിച്ചു കൊണ്ടുവന്ന ഇസ്രായേൽ മക്കളെ നയിച്ചു കൊണ്ടുവന്ന മോശയെക്കുറിച്ച് നോക്കുമ്പോൾ മോശയും വളരെ താഴ്മയുള്ള ഒരുവനായിരുന്നു എന്നാണ് നമ്മളെ കാണുന്നത് സംഖ്യാപുസ്തകം പന്ത്രണ്ടാമധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ദൈവം തന്നെ മോശയ്ക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് സംഖ്യാ പന്ത്രണ്ടിൻ്റെ മൂന്ന് യഹോവാദ് കേട്ടു എന്നിട്ട് അവിടെ അതിൻ്റെ തൊട്ട് താഴെ പറയുക മൂന്നാമത്തെ വാക്യത്തിൽ മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു അവിടെ ആ രംഗം നമുക്കറിയാം എന്താ അഹരൂനും മിരിയാമും മോശക്കെതിരെ ചില കാര്യങ്ങൾ പറയുകയും അവനെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ മോ മോശ എന്താ ചെയ്യുന്നത് മോശ അതിനോട് എതിർക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് അവൻ തന്നെ തന്നെ താഴ്ത്തുകയാണ് ആ മിരിയാമിന് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു ആ ഒരു സാഹചര്യത്തിലാണ് അവിടെ മൂന്നാമത്തെ വാക്യത്തിൽ പന്ത്രണ്ടിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഇതാ മോശയെക്കുറിച്ച് അവിടെ ദൈവജനം രേഖപ്പെടുത്തിയിരിക്കുന്നു മോശ എന്ന പുരുഷനോ ഭൂതരത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു കണ്ടോ ഇത്രയും പേരെ നയിച്ചുകൊണ്ടുപോകാൻ ആ നായകന്മാർക്ക് പലപ്പോഴും ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഓ കുറച്ച് നികളവും കുറച്ച് തൻപൊരുമയും ഒക്കെയാണ് വേണ്ടതെന്നാണ് ലോകം കരുതുന്നത് എന്നാൽ ഏകദേശം ഇരുപത് ലക്ഷം വരുന്ന ആ ഇസ്രായേൽ മക്കളെ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഉൾപ്പെടെ അത്രയും വരുന്ന ഒരു വലിയ ജനതയെ നയിച്ചുകൊണ്ട് മോശ അങ്ങനെ നികളമുള്ളവനല്ലായിരുന്നു അതിൻ്റെ നേരെ എതിര് അതിസൗമ്യനായിരുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ് മോശ ഇത്രയും അതിസൗമ്യനായി തീർന്നത് നമ്മൾ അതിൻ്റെ പന്ത്രണ്ടിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ ദൈവം തന്നെ അവനെക്കുറിച്ച് പറയുന്നുണ്ട് അവനോട് ഞാൻ അരളി ചെയ്യുന്നത് മറപ്പൊരുളായിട്ടല്ല അഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ട് മാത്രേ അവനെഹോയുടെ രൂപം കാണുകയും ചെയ്യും കണ്ടോ അവിടെ അപ്പൊ മോശം ഇത്രയും സൗമ്യനായി തീർന്നത് ദൈവത്തെ മുഖാമുഖമായിട്ട് കണ്ടത് കൊണ്ടാണ് എന്ന് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാകാം ആവർത്തന പുസ്തകത്തിന്റെ അവസാനത്തെ വാക്യത്തിലും ഈ കാര്യം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ആവർത്തന പുസ്തകം മുപ്പത്തിനാലാം അധ്യായം അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം അവിടെയും നമ്മൾ വായിക്കുന്നു ഏഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെപ്പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല അപ്പോൾ സംഖ്യാപുസ്തകം പന്ത്രണ്ടിൻ്റെ എട്ടിലും മുപ്പത്തിനാലിൻ്റെ പന്ത്രണ്ടിലും നമ്മൾ ഒരേ കാര്യമാണ് കാണുന്നത് എന്താ മോശ ദൈവത്തെ അഭിമുഖമായിട്ട് അറിഞ്ഞു അഭിമുഖമായിട്ട് അവൻ്റെ രൂപം കണ്ടു അതുകൊണ്ട് അവൻ എന്തായിപ്പോയി അവൻ വളരെ സൗമ്യനായിപ്പോയി നമ്മൾ പലപ്പോഴും പ്രിയപ്പെട്ടവരെ ഈ കർത്താവായ യേശുക്രിസ്തു താഴ്മയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പൗലോസ് താഴ്മയുള്ളവനായിരുന്നു മോശ താഴ്മയുള്ളവനായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കും നമ്മുടേതായ ഒരു തീരുമാനം കൊണ്ട് നമ്മുടെ ഒരു ദൃഢനിശ്ചയം കൊണ്ട് നമുക്ക് നാളെ മുതൽ അങ്ങ് സൗമ്യരായി വളരെ താഴ്മയുള്ളവരായി എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും പക്ഷെ ആ സൗമ്യതയിലേക്കുള്ള വഴിയാണ് നമ്മൾ മോശയുടെ ജീവിതത്തിൽ കാണുന്നത് പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാമധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യം നമുക്ക് പലപ്പോഴും നമ്മളെ ചിന്തിക്കാറുള്ള ഒരു വാക്യമാണ് പുറപ്പാട് മുപ്പത്തിമൂന്നിൻ്റെ ഇരുപത് അവിടെ ദൈവം മോശയോട് തന്നെ പറയുന്നു നിനക്കെൻ്റെ മുഖം കാണുവാൻ കഴിയുകയില്ല ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കയില്ല എന്നാണ് ദൈവം അവിടെ മോശയോട് പറയുന്നത് ഇതേതാണ് രംഗം മോശ ദൈവത്തോട് പറയുന്നു ദൈവമേ നിൻ്റെ തേജസ് എന്നെ ഒന്ന് കാണിച്ചു തരണം അപ്പോൾ ദൈവം പറയുന്നു നിനക്ക് എൻ്റെ തേജസ് എൻ്റെ മുഖം കണ്ടാൽ പിന്നെ എൻ്റെ മുഖം കണ്ട് ഒരുവനും പിന്നെ ജീവനോടിപ്പാൻ കഴിയുകയില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിലാക്കി എൻ്റെ കൈകൊണ്ട് നിന്നെ മറയ്ക്കും പിന്നെ എൻ്റെ കൈ നീക്കും നീ എൻ്റെ പിൻഭാഗം കാണും എന്ന് അവിടെ പറയുന്നു പ്രിയപ്പെട്ടവർ അവിടെ പറയുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ കൊണ്ടുവന്നാൽ ദൈവത്തെ കാണേണ്ടതുപോലെ കണ്ടാൽ പിന്നെ ഒരുവൻ ജീവനോടെ ഇരിക്കുകയില്ല മുപ്പത്തി മൂന്നിൻ്റെ പുറപ്പാട് മുപ്പത്തിമൂന്നിൻ്റെ ഇരുപതാമത്തെ വാക്യം നമ്മളും നമ്മുടെ ജീവനോടെ ഇരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ അവൻ മരിച്ചു എന്നുള്ള അക്ഷരാർത്ഥത്തിലുള്ള കാര്യമല്ല അവൻ്റെ സ്വയ ജീവൻ പിന്നീട് അവനിൽ ഉണ്ടാവുകയില്ല എന്നുവെച്ചാൽ സ്വന്തം ജീവനിൽ ഒരു മരണം സ്വന്തം ജീവനിലൊരു തകർച്ച ഒരു നുറുക്കം അവന് അനുഭവപ്പെടും അങ്ങനെ നുറുങ്ങിയ ഒരു മനുഷ്യൻ പിന്നീട് ഈ ഭൂതലത്തിലൊക്കെയും അതിസൗമ്യനായിരിക്കും കണ്ടോ മോശ ആ കർത്താവിനെ മുഖം പിന്നീട് ആ നിലയിൽ അഭിമുഖമായിട്ട് കാണുകയൊക്കെ ചെയ്തു നമ്മൾ ആ വായിച്ചല്ലോ സഖ്യാപുസ്തകം പന്ത്രണ്ടിൻ്റെ എട്ട് ആവർത്തന പുസ്തകം മുപ്പത്തിനാലിൻ്റെ പന്ത്രണ്ട് അതുപോലെ ഈ പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നിൻ്റെ പതിനൊന്നിൽ ഇവിടെ ഒക്കെ മോശ ദൈവത്തെ കണ്ടതായിട്ട് പറയുന്നുണ്ട് അഭിമുഖമായിട്ട് കണ്ടതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അഭിമുഖമായിട്ട് കണ്ടാൽ എന്ത് സംഭവിക്കും ജീവനോടെ ഇരിക്കുകയില്ല എന്ന് വെച്ചാൽ അവൻ്റെ സ്വയജീവൻ തകർന്നു നമുക്ക് മോശയുടെ ചരിത്രം തുടക്കമൊക്കെ അറിയാം അവൻ വളരെ തൻപുരുമയുള്ളവനായിരുന്നു നമുക്കറിയാം അവന് ഒരൊറ്റ അടിക്ക് ഒരു മിശ്രൈമിനെ കൊന്നവനും അങ്ങനെയൊക്കെ വളരെ തൻ്റേതായ നിലയിൽ ജീവിച്ചവനാണ് താഴ്മയുള്ളവനായിരുന്നില്ല സൗമ്യനായിരുന്നില്ല എന്നാൽ ഈ സൗമ്യത എങ്ങനെ ലഭിച്ചു ആ ആടുമാടുകളെ തീറ്റിക്കൊണ്ട് നടന്ന ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയോ താന് ദൈവവുമായിട്ടൊരു മുഖാമുഖമുണ്ടായി തൻ്റെ സ്വയം ജീവനിൽ ഒരു തകർച്ചയുണ്ടായി അങ്ങനെ വന്നു അതിനെ തുടർന്നാണ് അവൻ അതിസൗമ്യനായിത്തീർന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ഈ ഒരു കാര്യമാണ് ദൈവം ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് സഭയായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ അങ്ങനെ സൗമ്യരായിട്ടും താഴ്മയുള്ളവരായിട്ടും ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു രണ്ട് തിമത്യോസ് രണ്ടാമത്തെ ആയ ഇരുപത്തിനാലാമത്തെ വാക്യം നോക്കുക കർത്താവിൻ്റെ ദാസൻ ശാതെ എല്ലാവരോടും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി ഇരിക്കേണ്ടത് ഇവിടെ കണ്ടോ കർത്താവിൻ്റെ ദാസൻ ഏ കർത്താവിനെ അറിഞ്ഞു ദൈവസഭയിൽ അവൻ ശണ്ടയിടാതെ എല്ലാവരോടും ശാന്തനായിരിക്കണം മോശയ്ക്ക് മിരിയാമിനോടും ഒക്കെ ക്രത്തിക്കാനായിട്ടുള്ള ദേഷ്യപ്പെടാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു എന്നാൽ മോശ മിരിയാമിന് വേണ്ടി അപേക്ഷിക്കുന്നതാണ് നമ്മൾ സംഖ്യാപുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ മുഴുവൻ വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെയും കർത്താവിൻ്റെ ദാസ ശണ്ടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനും ആ ആയി അത്രേ ഇരിക്കേണ്ടത് നമ്മൾ സാധാരണ നിലയിൽ നമ്മൾ ശണ്ടയിടാതെ ശാന്തരായിട്ടിരിക്കും എന്നാൽ നമുക്കെതിരെ ഒരു ദോഷമുണ്ടാകുമ്പോൾ അതിൻ്റെ മുമ്പാകെയാണ് നമ്മുടെ സൗമ്യതയും താഴ്മയും ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് പരിശോധിക്കപ്പെടുന്നത് ഇവിടെ കണ്ടോ രണ്ട് തീമ്പത്തിൽ രണ്ടിൻ്റെ കർത്താവിൻ്റെ ദാസൻ അവൻ ദോഷം സഹിക്കുന്നവനായി ഇരിക്കണമെന്നുള്ളത് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് പേഷ്യൻ വൻ റോങ്ഡ് എന്ന് വെച്ചാൽ മറ്റുള്ളവർ അവന് എതിരെ തെറ്റായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ക്ഷമയോടെ ഇരിക്കണം അതാണ് അവൻ്റെ സൗമ്യതയുടെ താഴ്മയുടെ ടെസ്റ്റ് കർത്താവിൻ്റെ ദാസം ശണ്ട എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനം ദോഷം സഹിക്കുന്നവനും പേഷ്യൻ വെൻ റോങ് ഓ ഒന്ന് പത്രോസ് രണ്ടാമധ്യായം അതിൻ്റെ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ കർത്താവിൽ നിന്നാണ് നമ്മൾ മാതൃകയാക്കേണ്ടത് എന്ന് പത്രോസ് പറയുന്നു ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത്തി വാക്യങ്ങൾ ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു നിങ്ങൾ അവൻ്റെ കാഴ്ചയോട് പിന്തുടരുവാൻ ഒരു മാതൃക വിശ്ചയിച്ചു പോയിരിക്കുന്നു എന്താ മാതൃക അവൻ പാപം ചെയ്തിട്ടില്ല അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്കൾ കാര്യം ഫരമേൽപ്പിക്കുക അത്ര ചെയ്തത് അപ്പം കർത്താവായി യേശുക്രിസ്തുവിനെ അവരെ പല നിലയിൽ ശകാരിക്കുകയും കഷ്ടപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു പക്ഷേ കർത്താവ് എന്ത് ചെയ്തു ന്യായമായി വിധിക്കുന്ന പിതാവിങ്കൽ കാര്യം ഫരമേൽപ്പിച്ച് താന് സ്വസ്ഥനായിട്ടിരുന്നു താന് തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല ഇംഗ്ലീഷിൽ ലിവിങ് ബൈബിളിൽ നമ്മളത് കാണുന്നത് ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ എന്നല്ല നോ ട്രാൻസൈഡ് ബാക്ക് ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മറുപടി പറയേണ്ട കാര്യമില്ല നോ ട്രാൻസൈഡ് ബാക്ക് കർത്താവും തന്നെ പീഡിപ്പിച്ച പല സന്ദർഭങ്ങളിലും മിണ്ടാതിരുന്നു പീലാത്തോസ് തന്നെ അത്ഭുതപ്പെട്ടു നീ ഒരു വാക്കും സംസാരിക്കുന്നില്ലേ എന്ന് ചോദിച്ചു ഇവരെന്തെല്ലാം നിന്നെ കുറ്റപ്പെടുത്തുന്നു നോ ട്രാൻസൈഡ് ബാക്ക് പ്രിയപ്പെട്ടവർ കർത്താവ് കാണിച്ചേച്ച് പോയിട്ടുള്ള മാതൃക ഇതാണ് ഏഹ് അതന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്കൽ കാര്യം ഫരമേൽപ്പിക്കുക അത്ര ചെയ്തത് നമുക്കും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിച്ച് നമുക്ക് വായ അടച്ച ഇരിക്കാം പ്രിയമുള്ളവരെ നമ്മൾ പറഞ്ഞു വന്നത് കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് ശകാരിക്കപ്പെട്ടപ്പോൾ പകരം കഷ്ടം അനുഭവിച്ചിട്ട് അതിന് ഭീഷണം പറഞ്ഞില്ല മറിച്ച് താൻ എന്ത് ചെയ്തു ന്യായമായി വിധിക്കുന്നവങ്കിൽ കാര്യം ഫരമേൽപ്പിക്കുകയാണ് ചെയ്തത് എല്ലാം കാണുന്ന ദൈവത്തെ തന്നെ തൻ്റെ കാര്യങ്ങൾ ഫരമേൽപ്പിച്ച് താൻ നിശ്ശബ്ദമായിട്ട് നിന്നു നോ ടാൻസേഡ് ബാക്ക് എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പം നമ്മൾ പറഞ്ഞു ഇതേ കാര്യമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് സഭയായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോൾ പല കാര്യങ്ങൾ പല ആളുകൾ കൂടുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളും കർത്താവിൻ്റെ മാതൃക സ്വീകരിക്കണം എന്നാൽ പറഞ്ഞു അല്ലെങ്കിൽ നമ്മളൊരു സമൂഹത്തിലായിരിക്കുന്നു നമ്മളായൽക്കാരുടെയും ഒക്കെ ഇടയിലായിരിക്കുന്നു അവിടെയൊക്കെയും പല നിലയിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുകയും നമുക്കെതിരെ ശകാരങ്ങളും ഭീഷണികളും ഒക്കെ വരികയും ചെയ്യാം എന്നാൽ നമ്മൾ അതിനെയൊക്കെ ന്യായീകരിക്കാനും പകരം ശകാരിക്കാനും ഒക്കെ പോയാൽ അത് ശരിയാകുകയില്ല നമ്മളെന്താണ് വേണ്ടത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാതൃകയെടുത്ത് ന്യായമായി വിധിക്കുന്ന ദൈവത്തിങ്കിൽ തന്നെ നമ്മുടെ കാര്യം ഫരമേൽപ്പിച്ച് സ്വസ്ഥമായി ഇരിക്കുകയാണ് വേണ്ടത് എന്നാണ് നമ്മൾ ഒന്ന് പത്ര ദിവസം രണ്ടിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് വാക്യങ്ങളിൽ നിന്ന് പറഞ്ഞത് കാരണം ഇത് ചെയ്യാനായിട്ട് കർത്താവ് നമുക്ക് പിന്തുടരാനായിട്ടൊരു കാൽ ചുവട് വെച്ചേച്ചു പോയിരിക്കുന്നു നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു അപ്പൊ കർത്താവ് കാണിച്ച ഈ മാതൃക നമ്മൾ ആ കാൽ ചുവട് അവിടെ തന്നെ പറഞ്ഞിരിക്കുമ്പോൾ നമുക്കവിടെ ഒരു ഒഴി കഴിയുമില്ല പ്രിയപ്പെട്ടവരെ അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് കാര്യങ്ങൾ പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്കൽ കാര്യം നിശ്ശബ്ദം ഫരമേൽപ്പിച്ച മിണ്ടാതെ പോവുകയൊക്കെ ചെയ്താൽ നമ്മുടെ സംശയം നമ്മളൊരു മണ്ടനായി പോവുകയില്ലേ ഇന്ന സമൂഹത്തിൽ ഏറ്റവും ഉച്ചത്തിൽ വർത്തമാനം പറയുന്ന ആളാണ് മിടുക്കൻ അല്ലേ രണ്ടുപേർ തമ്മിൽ വഴക്കുണ്ടാകുന്നു ഏറ്റവും ഉച്ചത്തിൽ ഒത്തിരി ന്യായങ്ങളൊക്കെ പറയുന്ന ആളാണ് ഒടുവിൽ നേടുന്നത് ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മളും ഈ സമൂഹത്തിൽ ജീവിക്കുമ്പം അവിടെ എല്ലാവരും അവനവൻ്റെ കാര്യം പറയുമ്പം നമ്മൾ മാത്രം കാര്യം വിധിക്കുന്നവെങ്കിൽ പരമേൽപ്പിച്ച് മിണ്ടാതിരുന്നാൽ നമ്മൾ മണ്ടനായി പോവുകയില്ലേ എന്നൊരു സംശയം നമുക്ക് വരാം പ്രിയപ്പെട്ട ഒരു യശ്യാമിൻ്റെ പുസ്തകം അൻപത്തിനാലാമധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം നോക്കുക അൻപത്തിനാലിൻ്റെ പതിനേഴ് ഈ കാര്യത്തിനുള്ള ഒരു മറുപടിയാണ് നമ്മൾ ന്യായമായി വിധിക്കുന്നവങ്കൾ കാര്യം ഫരമേൽപ്പിക്കുമ്പോൾ ആ വലുവനായ ദൈവം എന്താ പറയുന്നത് യശയാവ അമ്പത്തിനാല് ഒടുവിലത്തെ വാക്യം പതിനേഴ് നിനക്ക് വിരോധമായി യാതൊരു ആയുധവും ഫലിക്കേയില്ല ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും കണ്ടോ ആത്യന്തികമായിട്ട് അവസാന ന്യായമായി വിധിക്കുന്നവങ്കിൽ കാര്യം ഫരമേൽപ്പിച്ച് നിശബ്ദമായി നിൽക്കുന്ന നിനക്കായിരിക്കും നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കുകയും ചെയ്യും എന്നിട്ട് പറയുന്നു യെഹോയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെ ആകുന്നു യഹോവ അരുളി ചെയ്യുന്നു ഇത് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാണ് their vindication is from me ennuvacha avare telikunnad aara njan thanne avare telikunnu avarude niraviraaditham avarude nishkalankatha ah avarude nyayam idokke telikunnad aara divam thanne a chomadile yetedukka their vindication is from me declares the lord enna englishil nammal avade vaakyam avasanam vaaikunnu യഹോവോ യഹോയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ അവരുടെ നീതി ഇത് തന്നെ എന്ന മലയാളത്തിൽ പറയുമ്പോൾ അത്രത്തോളം വ്യക്തമല്ല എന്നാൽ ഇംഗ്ലീഷിൽ നിങ്ങൾ ന്യായമായി വിധിക്കുന്നവങ്കിൽ കാര്യം ഫരമേൽപ്പിച്ച് നിശ്ശബ്ദം നിന്നു നിങ്ങളെ തെളിയിക്കുന്ന ചുമതല നിങ്ങളാണ് ശരി എന്ന എല്ലാവരുടെയും മുമ്പാകെ വ്യക്തമാക്കുന്ന ചുമതല അത് ഞാൻ ഏറ്റെടുക്കും ദർ വിൻഡിക്കേഷൻ ഈസ് ഫ്രം മീ ഡിക്ലേഴ്സ് ദ ലോഡ് പ്രിയപ്പെട്ടവരെ ഇതിൽ കവിഞ്ഞ എന്താണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് പ്രായോഗിക ജീവിത സാഹചര്യങ്ങളിൽ ദൈവവചനത്തെ നമുക്ക് വിശ്വസിക്കാം നമുക്ക് താഴ്മയുള്ളവരായി സൗമ്യതയുള്ളവരായിട്ട് നിൽക്കാം കർത്താവായി യേശു ക്രിസ്തു തന്നിൽ നിന്നാണ് നമ്മൾ ഈ സൗമ്യതയുടെയും താഴ്മയുടെയും പാഠങ്ങൾ പഠിക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു കർത്താവ് തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മത്തായി സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ അധ്വാനിക്കുകയും ഭാരജുമൊക്കെയും ചെയ്യുന്ന എല്ലാവരും എൻ്റെ നിങ്ങളെൻ്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും കർത്താവ് ഇവിടെ എന്താ പറയുന്നത് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ് എന്താണ് ഈ സൗമ്യതയും താഴ്മയും രണ്ടും ഒരേ കാര്യമാണെന്ന് നമുക്ക് നമ്മൾ പലപ്പോഴും ചിന്തിച്ചേക്കുന്ന അങ്ങനെ എന്നാൽ തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട് സൗമ്യത സൗമ്യത എന്ന് പറഞ്ഞാൽ ജെൻഡിൽ താഴ്മയെന്ന് പറഞ്ഞാൽ ഹമ്പിൾ ഈ താഴ്മ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലുള്ള കാര്യമാണ് സൗമ്യത ജെൻഡിൽ എന്ന് പറയുന്നത് നമ്മുടെ പെരുമാറ്റത്തിൽ പ്രകടമാകുന്നത് കണ്ടോ താഴ്മ ഉള്ളിലുണ്ടെങ്കിൽ ആ സൗമ്യത പെരുമാറ്റത്തിൽ പ്രകടമാകും മനസ്സിലായോ താഴ്മയെന്ന് പറയുന്നത് ഹൃദയത്തിലുള്ള മനോഭാവം സൗമ്യത പെരുമാറ്റത്തിൽ പ്രകടമാകുന്നത് ഇന്ന് ചിലപ്പം നമ്മുടെ നാട്ടിൽ വളരെ പെരുമാറ്റത്തിലൊക്കെ വളരെ സൗമ്യതയുള്ള ചില ആളുകൾ കാണും എന്നാൽ അവരുടെ ഉള്ളിൽ താഴ്മ കാണണമെന്നില്ല എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കണം നമ്മുടെ ഉള്ളിലുള്ള താഴ്മയുടെ പ്രതിഫലനമായിരിക്കണം നമ്മുടെ പെരുമാറ്റത്തിലെ സൗമ്യത രാഷ്ട്രീയ കാര്യമൊക്കെ വളരെ സൗമ്യമായിട്ടൊക്കെ ചിലപ്പോൾ ഇടവിടും വളരെ സൗമ്യമായിട്ടും പെരുമാറും പക്ഷേ ഉള്ളില് ചിലപ്പോൾ ആ നിലയിൽ ഒരു താഴ്മ കാണുകയില്ല എന്നാൽ കർത്താവ് എങ്ങനെയായിരുന്നു കർത്താവിൻ്റെ ഉള്ളിൽ താഴ്മയുണ്ടായിരുന്നു ആ താഴ്മയാണ് സൗമ്യതയായിട്ട് വെളിപ്പെട്ടത് നമ്മളും അങ്ങനെ വേണം ഉള്ളിൽ നമുക്ക് താഴ്മയുണ്ടെങ്കിലേ പെരുമാറ്റത്തിൽ സൗമ്യത പാലിക്കാനായിട്ട് ദൈവം അംഗീകരിക്കുന്ന സൗമ്യത പാലിക്കാനായിട്ട് കഴിയുള്ളു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഏഹ് സൗമ്യമാകണം ആകണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ താഴ്മയുള്ളവരായിരിക്കണം ഇതാണ് ദൈവത്തിൻ്റെ നിലവാരം കർത്താവായ യേശു ക്രിസ്തു അങ്ങനെയായിരുന്നു അങ്ങനെയൊക്കെ വ നമ്മൾ ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ ലോകത്ത് ചിലപ്പോഴൊരു ഒറ്റപ്പെട്ടു പോകും ചിലപ്പോഴാളുകളാൽ തെറ്റിദ്ധരിക്കപ്പെടും നമുക്ക് പീഡനങ്ങൾ ഉണ്ടാകും അവിടെ കണ്ടോ അവിടെ തന്നെ കർത്താവ് പറയുന്നു ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും നിങ്ങളങ്ങനെ താഴ്മയും സൗമ്യതയും ഉള്ളവരായാൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് മാത്രമല്ല അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ നിങ്ങൾ എൻ്റെ അടുക്കൽ ആശ്വാസം കണ്ടെത്തും രണ്ട് പ്രയോഗങ്ങളാണ് കർത്താവ് പറയുന്നു ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും നമ്മുടെ ഭാഗത്ത് കർത്താവിൽ നമ്മളാ ആശ്വാസം കണ്ടെത്തുകയും ചെയ്യണം പ്രിയപ്പെട്ടവർ അതുകൊണ്ട് നമുക്ക് കർത്താവിൽ നിന്ന് താഴ്മയും സൗമ്യതയും പഠിക്കാം താഴ്മഹൃദയത്തിലുള്ളതും സൗമ്യത പെരുമാറ്റത്തിൽ പ്രകടമാകേണ്ടതും പ്രയാസങ്ങളുടെ മധ്യത്തിൽ കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കും നമ്മൾ കർത്താവിലേക്ക് ചെന്ന് ആശ്വാസം കണ്ടെത്തുകയും വേണം നമ്മൾ ഇവിടെ ഈ കാര്യങ്ങളെല്ലാം നമ്മളൊരു സഭയോടുള്ള ബന്ധത്തിലാണല്ലോ പറഞ്ഞത് പുതിയ നിയമസഭ പുതിയ നിയമസഭയിൽ നമ്മൾ എന്താ എന്താകരുത് നമ്മളാരും നമ്മളെ തന്നെ ഉയർത്തരുത് എന്നാൽ ഇന്ന് പലപ്പോഴും സഭകളിലൊക്കെ നോക്കുക എല്ലാവരും സഹോദരന്മാരാണെന്ന് പറഞ്ഞാലും ചിലരെന്താ ചിലർ തങ്ങളെ തന്നെ ഉയർത്തി ഈ എപ്പിസ്കോപ്പൽ സഭകളിലുമൊക്കെ ചിലരെന്താ വലിയ തിരുമേനി തിരുമേനിന്നാണ് ചില മനുഷ്യരെ വിളിക്കുന്നത് തിരുമേനി അവരൊക്കെ വലിയ തിരുമേനിമാരായിട്ടിരിക്കുക അങ്ങനെ ഇരിക്കാൻ ദൈവം നമ്മളോട് പറയുന്നുണ്ടോ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിമൂന്നാമത്തെ അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ കർത്ത ഒൻപതാം പത്തേ വാക്യം മത്തായി ഇരുപത്തിമൂന്നിൻ്റെ ഒൻപതാം പത്ത് പൂ നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ നിങ്ങളെന്തായിരിക്കണം നിങ്ങൾ ബ്രദേഴ്സായിരിക്കണം സഹോദരന്മാരായിരിക്കണം ഭൂമിയിലാരെയും പിതാവ് എന്ന് വിളിക്കരുത് ഫാദർ ഇന്ന് എപ്പിസ്കോപ്പൽ സഭകളിൽ പലയിടത്തും ഫാദർ എന്നാണ് വിളിക്കുന്നത് അതിൻ്റെ ചുമതല നിർവഹിക്കുന്ന അച്ഛനെയൊക്കെ ഫാദർ അച്ഛൻ ഫാദർ എന്നാണ് വിളിക്കുന്നത് കർത്താവ് പറഞ്ഞിരിക്കുന്നു അങ്ങനെ വിളിക്കരുതെന്നാണ് കർത്താവ് പറഞ്ഞേക്കുന്നത് ഒരു കൂടിവരവുമായിട്ട് സഭയോടുള്ള ബന്ധത്തിലാണ് അവിടെ പറഞ്ഞേക്കുന്നത് നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ നിങ്ങളാരെയും പിതാവെന്ന് വിളിക്കരുത് ഒരുത്തനത്രയും നിങ്ങളുടെ പിതാവ് സ്വർഗസ്ഥൻ തന്നെ നിങ്ങൾ നായകന്മാർ എന്നും പേരെടുക്കരുത് ലീഡർ ലീഡർ എന്നും പേരെടുക്കരുത് ഏഹ് ഒരുത്തനത്രയും നിങ്ങളുടെ ക്രിസ്തു തന്നെ നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ കാണുന്നത് നമ്മളാരും ഒരു പേരെടുക്കരുത് എന്നാ നമ്മൾ എപ്പിസ്കോപ്പൽ സഭകളെ കുറിച്ച് പറഞ്ഞു സുവിശേഷ വിഹിത സഭകളോ അവിടെയും ചില പേരുകൾ എടുക്കുക പേരുകൾ എന്താ പാസ്റ്റർ എന്നൊക്കെയുള്ള ഇവിടെ കർത്താവ് എന്താ പറഞ്ഞത് നിങ്ങളെല്ലാവരും സഹോദരന്മാർ എല്ലാവരും പ്രദേശായിരിക്കണം എന്ന് പറയുമ്പോൾ ചിലർ അങ്ങനെയല്ല അവർ ഈ കാര്യം എടുക്കുന്നത് എങ്ങനെ ഈ പാസ്റ്റർ എന്നുള്ള പ്രയോഗം തന്നെ നമ്മൾ പറഞ്ഞു വന്നപ്പോൾ എഫ് എസ് അധ്യായത്തിലാണ് നമ്മൾ പാസ്റ്റർ എന്നുള്ള പ്രയോഗം നമ്മൾ കാണുന്നത് ക്ഷമിക്കണ നാലാമധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം അവിടെ നമ്മളെന്താണ് കാണുന്നത് അവൻ ചിലരെ അപ്പോസ്റ്റന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു ഇടയന്മാർ എന്നുള്ളിടത്താണ് പാസ്റ്റർ എന്നുള്ള പ്രയോഗം കാണുന്നത് ആ ഒരു പ്രയോഗം പലരുമെടുത്ത് തങ്ങളെ തന്നെ മറ്റ് സഹോദരന്മാരുടെ മീതെ ഉയർത്തുകയാണെങ്കിൽ അത് തെറ്റാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സത്യത്തിൽ ഇടയൻ അല്ലെങ്കിൽ പാസ്റ്റർ എന്നുള്ളതെന്താ അപ്പോ പ്രവാചകൻ സുവിശേഷകൻ ഉപദേഷ്ടാവ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ശുശ്രൂഷയുടെ പേര് അല്ലാതെ ഒരു ടൈറ്റിലല്ല ഒരു പദവിയല്ല ഒരു ശുശ്രൂഷയാണ് പാസ്റ്റർ എന്നുള്ളത് ഒരു ശുശ്രൂഷയാണ് അത് ഒരു പദവിയായിട്ടെടുത്ത് ആളുകളുടെ മേൽ കർത്തൃത്വം നടത്തുകയാണെങ്കിൽ അത് ദൈവം കർത്താവായ യേശുക്രിസ്തു ഇവിടെ പറഞ്ഞതിന് വിരുദ്ധമാണ് നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ നമ്മൾ ചിലപ്പം ഒരുപക്ഷെ പാസ്റ്ററിനൊരു പേരെടുക്കുകയില്ല നമ്മൾ ബ്രദർ എന്നുള്ള പേരായിരിക്കും എടുക്കുന്നത് പക്ഷേ നമ്മളും നമ്മളെ ഹൃദയത്തിൽ മറ്റുള്ളവരുടെ മേൽ ആ നിലയിൽ വലിയ ആളുകളായിട്ടും നായകന്മാരായിട്ടും ഭാവിക്കുകയാണെങ്കിൽ ഹൃദയത്തിൽ ആ നികളമുണ്ടെങ്കിൽ ബ്രദർ എന്നാ നമ്മൾ വിളിക്കുന്നതെങ്കിലും ദൈവം നോക്കുമ്പം ദൈവത്തിൻ്റെ മുമ്പാകെ നമുക്ക് ആ നിലയിൽ ആ പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പാകെ അംഗീകാരം ലഭിക്കാതെ പോകും ഞാൻ പറഞ്ഞത് ഒരു പ്രയോഗത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞ ഫാസ്റ്ററിനോ ബ്രദറിനോ പാസ്റ്റർ എന്നുള്ള പ്രയോഗം വിട്ട് എല്ലാവരും ബ്രദറെന്നാക്കിയ കാര്യം ശരിയായി എന്ന് എന്നല്ല ഞാൻ പറഞ്ഞത് മറിച്ച് അതിൻ്റെ പിന്നിലുള്ള മനോഭാവം നിങ്ങളാരും നായകരാകരുത് എല്ലാവരും സഹോദരന്മാരാണ് എന്ന് പറയുന്ന ആ ഒരു കാര്യം സഭയെ സംബന്ധിച്ച് കർത്താവ് അങ്ങനെ പറയുന്നു ചുരുക്കത്തിൽ നമ്മൾ ഇന്ന് പറഞ്ഞു വന്നത് കർത്താവ് താഴ്മയെക്കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞു കർത്താവിൻ നിന്ന് തന്നെയാണ് നമ്മൾ ആ താഴ്മയും സൗമ്യതയും പഠിക്കേണ്ടത് ഓ നമ്മളെ ദാസന്മാർ എല്ലാവർക്കും ദാസന്മാർ മോശയെപ്പോലെ കർത്താവിൻ്റെ മുഖം മുഖാമുഖമായിട്ട് കണ്ടാലേ നമുക്കൊരു തകർച്ചയുണ്ടായി ഉള്ളിൽ ആ നിലയിൽ നമ്മൾ സൗമര്യ താഴ്മയുള്ളവരുമായി തീരുകയുള്ളൂ നമുക്ക് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നവരായിട്ടായിരിക്കാം ഇതൊക്കെയാണ് പുതിയ നിയമസഭയിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരങ്ങൾ ഈ നിലവാരത്തിനൊപ്പമാകാൻ നമുക്ക് നിലവിളിയോടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് തന്നെ ചെയ്യില്ല ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും ദൈവം നമ്മെ മറികടന്നു പോവുകയില്ല പ്രിയപ്പെട്ടവരെ ഈ പ്രയാസങ്ങളുടെയൊക്കെ ഘട്ടത്തിൽ ദൈവമേ യഥാർത്ഥത്തിലുള്ള ഒരു താഴ്മയിലേക്കും സൗമ്യതയിലേക്കും എന്നെ നടത്തണമേ ഭവനത്തിൽ അങ്ങനെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സമൂഹത്തിൽ സഭയിൽ അങ്ങനെ ആയിരിക്കുന്നു നിൻ്റെ മുഖം എന്നെ ഒന്ന് കാണിക്കണം നീ എനിക്ക് ഈ ദിവസങ്ങളിലൊരു മുഖാമുഖമുണ്ടാകണം അങ്ങനെ കർത്താവെ ഒരു തകർച്ചയിലൂടെ മോശയെപ്പോലൊരു സൗമ്യനായി ഞാൻ മാറട്ടെ എന്നിൽ ഒരു പ്രവൃത്തി ചെയ്യണമേ എന്ന് നമുക്ക് കർത്താവിനോട് പറയാം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ സഹായിക്കുമാറാകട്ടെ ആമേ